കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ജോജി പ്രഭ പറഞ്ഞപോലെ വളരെ വളരെ നാളുകൾക്ക് മുമ്പ് യാ ആ മോൻ്റെയൊക്കെ പ്രായത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു അന്നുള്ള ഉണ്ടായിരുന്നു ഒത്തിരി പേർ ഇവിടെയില്ല ചില സഹോദരന്മാരും സഹോദരന്മാരുമുള്ള കുഞ്ഞുങ്ങളെന്നായിരുന്നവർ പലരും ഇന്ന് വളരെ വളരെ മെച്ചുവറായി അവർ അവരുടെ മുഖം ഒക്കെ കാണുമ്പോൾ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു ഇന്നിവിടെ ആയിരിക്കുവാൻ തക്കോണ്ണം കർത്താവ് ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ നാളുകളായിട്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ വളരെ വളരെ യുണീക്കായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു അതിലൂടെ കടന്നു പോയപ്പോൾ പലപ്പോഴും അത് ഒരു സന്തോഷമുള്ള ഭൗതികപരമായിട്ട് ഫിസിക്കലി പ്ലസൻ്റായിട്ടുള്ള സന്തോഷമുള്ള ഒരു സമയമായിരുന്നില്ല ദൈവം നമ്മൾക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഇവിടെ ചെറുപ്പമായിരുന്ന കാലത്ത് ഞാൻ സഹോദരന്മാരിലൂടെ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവം കക്ഷതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയങ്ങൾ വരുമ്പോൾ അത് അന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ ജോജി പ്രകറിപ്പം കുറച്ചുമ്പേ പറഞ്ഞ പോലെ പൊതുവായ ഒരു വചനമായിട്ടായിരുന്നു അന്ന് ഹൃദയത്തിൽ വന്നിരുന്നത് അത് ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അത് അത് വളരെ പേഴ്സണലായിട്ടുള്ള സാഹചര്യമാക്കി മാറ്റുന്ന സമയങ്ങൾ ചില നാളുകളായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചില സമയങ്ങൾ വന്നപ്പോൾ ഞാൻ വളരെ പതറിപ്പോയ സമയങ്ങളുണ്ടായിരുന്നു ഞാൻ വളരെ ഞാൻ വളരെ ശക്തിയുള്ളവനാണെന്നൊക്കെ ഞാൻ കരുതിയിരുന്ന സമയങ്ങളിൽ നിന്ന് അതിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും കോപത്തിന്മേൽ ഉള്ള വിജയം അങ്ങനെയൊക്കെ ഞാൻ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളതിൽ പുറത്തൊന്നും പറയത്തില്ലെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു പല കാര്യങ്ങളിലും ഞാൻ വിജയം പ്രാപിച്ചു എന്ന കരുതിയ സമയങ്ങളുണ്ടായിരുന്നു എന്നാൽ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ശോധനയിലൂടെ കടന്നുപോയപ്പോൾ അപ്പോഴാണ് ഞാൻ അതിൻ്റെ തീക്ഷ്ണതയും യഥാർത്ഥ ശോധനയും ദൈവവചനം വ്യക്തിപരമാകാതിരിക്കുന്ന സമയത്ത് അതിനെ ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം എനിക്ക് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദീർഘക്ഷമയ്ക്കും ദൈവത്തിൻ്റെ ദയയ്ക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവൻ്റെ അവൻ്റെ ദയ നാൾ തോറും പുതിയതാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ അത് അത് അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞ് തീർക്കാനുള്ളൊരു സാധനമല്ല അത് ഓരോ ദിവസവും ഈ ഹിസ് മെസ്സി അവൻ്റെ അവൻ്റെ വിശ്വസ്തയും അവൻ്റെ ദയയും അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓരോ ദിവസവും നമ്മളെ നടത്തുവാൻ തക്കോണം കർത്താവിൻ്റെ ദയ മതിയായതാകുന്നു ഓരോ ദിവസവും നമ്മളെ നടത്തുവാൻ തൊക്കെ കർത്താവിൻ്റെ വിശ്വസ്ത മതിയായതാകുന്നു എൻ്റെ ഹൃദയത്തിൽ ദൈവം ഈ കാര്യങ്ങളൊക്കെയും ഞാൻ സംസാരിക്കുന്നതൊക്കെയും ഞാൻ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു ദൈവം ദൈവം എന്നെ ചില സമയങ്ങളിൽ ആശ്വസിപ്പിച്ച ചില കാര്യങ്ങളാണത് നിങ്ങളോടൊപ്പവും പങ്കുവെക്കുവാനായിട്ട് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു എഫ് എസ് എർക്ക് ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ and the five sentences beginning with He he predestined us to adoption as sons through Jesus Christ to himself according to the kind intention of his will to the praise of the glory of his grace which is freely bestowed on us in the beloved avanil terinjedukkum thirihidathinte prasada prakaram yesu christu mugandaram namme dettedukkendathanu avan priya nayanil namukku sauvajanyamayi nalgiye tande kruba mahattutinte pugalchakkai snehatil namme munneemikkiyum cheyidavallo yeah thanks brother devan snehatil namme munneemichathu തൻ്റെ പുത്രൻ പുത്രന്മാരായി തൻ്റെ മക്കളായി ഇരിക്കുവാനക്കവണ്ണം ദൈവം സ്നേഹത്തിൽ മുൻ നിയമിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നത് എന്നിട്ട് അവിടെ പറയുന്നത് അത് തൻ്റെ അക്കോഡിങ് ടു ദ കൈൻഡ് ഇൻറ്റൻഷൻ ഓഫ് ഹിസ് വില് അവൻ്റെ ഹിതത്തിൽ ഹിതത്തിൽ നിന്നുള്ള ആശയാൽ അവനത് ചെയ്തു എന്നാണ് അവിടെ വായിക്കുന്നത് അതേ കാര്യം തന്നെ പിന്നെയും താഴോട്ട് വായിക്കുമ്പോൾ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെയും കർത്താവിനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ അവനൊരു ഹിതമുണ്ട് ഹിതത്തിൻ്റെ ആലോചനയുണ്ട് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നതിൻ്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടു അവൻ ആദ്യം മുകളിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ നമ്മളെ തൻ്റെ മക്കളാക്കുവാൻ തൊക്കെ എണ്ണം ദൈവം പ്രീഡ്യസ്റ്റായു അവൻ മുന്നിർണയിച്ചിരുന്നു അതിനുശേഷം പറയുന്നത് ദൈവത്തിന് എന്തെങ്കിലും ഈ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്പോൾ വായിച്ചത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവത്തിന് ഹിതത്തിൽ അവൻ്റെ ഹിതത്തിൽ അവനൊരു ആലോചന വരുമ്പോൾ അവൻ സകലത്തെയും അതിന് അനുസൃതമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ വായിച്ചേ എന്നിട്ട് പിന്നെയും അവിടെ പറയുന്നത് അവൻ്റെ ഹിതം പിന്നെയും നമ്മളെക്കുറിച്ച് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ടു ദ എൻ ദറ്റ് വി ഹൂ ഫേസ്റ്റ് ടു ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് വുഡ് ബീറ്റ് ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് ആയിട്ട് നമ്മൾ അപ്പോസ്റ്റലന്മാർ അങ്ങനെ ആകേണ്ടതിന് ദൈവം അതായിരുന്നു ദൈവത്തിൻ്റെ ഹിതം പിന്നെയും പതി നാലാമത്തെ വാക്യത്തിൽ പിന്നെയും വാക്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് അച്ചാരമായി തന്നു തന്നിട്ട് അതിന് പറയുന്നത് ഗവൺമെൻറ് മുദ്രയിട്ടിരിക്കുന്നു എന്നിട്ട് വിത്ത് എ വ്യൂ ടു ദ റിഡംഷൻ ഓഫ് ഗോഡ്സ് ഓൺ പ്രൊസഷൻ ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് അത് പതിനാ മലയാളത്തിൽ പതിനാലിൽ തന്നെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് അതെ അപ്പോൾ ഞാൻ ഞാൻ കായംകുളത്ത് അല്ലെ ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ജനിച്ചു ഞാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു ഞാൻ ഞാൻ ഇന്നാളുടെ അപ്പ മകനും മകനായി ജനിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു ഞാൻ ഞാൻ ജീവിതത്തിൽ ചിലരെ കണ്ടുമുട്ടി അവരിലൂടെ ദൈവത്തെ അറിയുവാനായിട്ട് ദൈവം നിർണയിച്ചു എന്നെ കടത്തിക്കൊണ്ടുപോയി എന്നെ ഒരു സ്ഥലത്ത് ദൈവമാക്കി വെച്ചു അങ്ങനെ ഞാൻ ഞാൻ കേവലം എന്നിലേക്ക് നോക്കുമ്പോൾ നടന്ന പല കാര്യങ്ങളും യാദൃച്ഛ്യങ്ങളായിട്ട് തോന്നാമെങ്കിലും ഓ ഞാൻ ഞാൻ എന്താ ഉള്ളത് എന്ന് ചില സമയം നമുക്ക് തോന്നാമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഇങ്ങനെ ഘോഷിച്ച് പറയാനായിട്ട് നമ്മൾക്ക് പല കാര്യങ്ങളില്ലെങ്കിലും ഈ കാര്യം നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും മാറി ഒരിക്കലും മാറിപ്പോവാനായിട്ട് ഇട ഇടപെടരുത് ഇറ്റ് ഡസ് ഇൻ ഹൂ വി ആൾ നമ്മൾ ആരാണ് എന്നുള്ളത് ഒരു ഒരു കാര്യമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ സാമ്പത്തിക നിലവാരമോ ഞാൻ ഞാൻ എവിടെ ആയിരിക്കും എവിടെ ജനിച്ചു ബാക്കി എല്ലാവരും നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ പോലും ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് അവന് വളരെ ക്ലിയറായിട്ടുള്ള അവന് അവൻ്റെ പദ്ധതിയിൽ അവനൊരു അവ്യക്തതയുമില്ല ദൈവത്തിനൊരു അവ്യക്തതയുമില്ല ഇവ ദൈവം എന്നെ തൻ്റെ മകനായിരിക്കുവാൻ പുത്രൻ്റെ നമ്മൾ റോമൻ കെഴുതലേഖനത്തിൽ നമ്മളൊത്തിരി പ്രാവശ്യം സഭയിൽ ദൈവമക്കളുടെ കൂടെ കേട്ടിട്ടുണ്ട് കർത്താവിൻ്റെ തൻ്റെ പുത്രൻ്റെ ഛായയ്ക്കൊത്തവണ്ണം ആ അവനോട് പ്രതിബിംബം ആകുവാൻ ദൈവം നമ്മളെ മുൻനിർണയിച്ചു മുന്നർണയത്തിൽ ദൈവം നമ്മളെ വിളിച്ചു ഇവിടെയും നമ്മൾ അപ്പൊ സ്റ്റലിലൂടെ വായിക്കുന്നത് ദൈവം എന്നെ ആ ആ ഒരു ഉദ്ദേശത്തിലേക്ക് തൻ്റെ മകനായിരിക്കുവാൻ തൻ്റെ മകളായിരിക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചു അത് അതിൽ ദൈവത്തെ സംബന്ധിച്ച് ഇവിടെയിരിക്കുന്ന ഓരോ മക്കളും കുഞ്ഞുമക്കളും ഫോർ ഗോഡ് നിങ്ങൾ വളരെ മുഖ്യമാണ് ദൈവത്തെ സംബന്ധിച്ച് നിങ്ങൾ ആരായിരുന്നാലും ദൈവത്തിനത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം അത് മുൻനിർണ്ണയിച്ചിരിക്കുന്നു ഇനി ദൈവ ദൈവ ആ ദൈവത്തെക്കുറിച്ച് പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവൻ്റെ അവൻ്റെ ആലോചനയുടെ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം നിവർത്തിക്കുവാൻ കഴിയുന്നവനാണ് കർത്താവ് അപ്പോൾ എന്തിനായിട്ടാ ഐ ആം ക്രിയേറ്റഡ് ഫോർ ദ പ്രൈസ് ഓഫീസ് ഗ്ലോറി തൻ്റെ മഹത്വത്തിൻ്റെ പുഴച്ചയ്ക്കായിട്ട് ഞാൻ ഒരു സ്ഥലത്തായിരിക്കുന്നു തൻ്റെ മഹത്വത്തിൻ്റെ പുലർച്ചയ്ക്കായിട്ട് എന്നെ കർത്താവ് വിളിച്ചിരിക്കണം ഇറ്റ് ഇസ് ഇൻ എനിക്ക് ചിലപ്പോൾ ചില കഴിവുകൾ മറ്റുള്ളവർക്കുള്ള ചില കഴിവുകൾ എനിക്കുണ്ടായിരിക്കത്തില്ല എന്നാൽ അങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ കർത്താവേ ചില സമയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതിലൂടെ കടന്നു ശേഷം ഞാൻ പിന്നെ അതിനെ അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഞാൻ ദൈവമാകെ കർത്താവെ അത് എത്രമാത്രം തെറ്റായിപ്പോയി എന്ന് അനുദവിച്ച് പറഞ്ഞ സമയത്ത് പിന്നീട് ദൈവാത്മാവ് എന്നെ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ യു ഹാവ് ടു ആസ്ക് ഈ വ്യക്തി ഇങ്ങനെ നിന്നോട് പറയുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാം എന്തെങ്കിലും കോട്ടം വരാൻ പോകുന്നുണ്ടോ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഐ ഡോ ഹാവ് ടു വഴി അബൌട്ട് ദാറ്റ് ദൈവത്തിൻ്റെ ഉന്നതനായ ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ പുഴ്ച്ചയ്ക്കായിട്ട് എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു അതിനകത്ത് ചിലരെന്നോട് ചൂടായി സംസാരിച്ചാൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകച്ചയ്ക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ദൈവത്തിൻ്റെ ഇരിപ്പിടം മാറാനായിട്ട് പോകുന്നില്ല അപ്പോൾ ആ ഒരു വളരെ ഉന്നതമായിട്ടുള്ളൊരു വിളിയാണ് നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന കർത്താവ് അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ദൈവം ജീവനും ഭക്തിക്കും വേണ്ടിയത് എല്ലാം ഓരോ സമയത്തും നമുക്ക് തരാമെന്ന കർത്താവ് ഒരു ഒരു വാക്യം കൂടെ യോബിൻ്റെ പുസ്തകത്തിൽ യോബ് കക്ഷതയിലൂടെ കടന്നുപോയ ശേഷം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമധ്യായത്തിൽ യോബ് പറയുന്ന കാര്യമുണ്ട് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ അല്ലെന്നും ഞാൻ അറിയുന്നു നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു താങ്ക് യു പ്രഭാ ഐനോ ദ യു ക്യാൻ ഡു ഓൾ തിങ്സ് ആൻഡ് ആൻഡ് ദ നോ പേർപ്പസ് ഓഫ് യുവേഴ്സ് ക്യാൻ ബി തോട്ട് ഇറ്റ് നിന്റെ നമ്മൾ നമ്മൾ മുറുക പിടിച്ച വിശ്വാസം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ദൈവം നമ്മളെ വിളിച്ച് ഒരു സ്ഥാനത്താക്കി വച്ചിരിക്കുന്ന ദൈവം അവനെ അവനെ എല്ലാം ചെയ്യുവാൻ കഴിയും സി എല്ലാമെന്ന് പറയുമ്പോൾ അതിൽ നിന്നൊന്നും ഒഴിവാക്കിയിട്ടില്ല ഒരു കാര്യം പോലും കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ സമയത്ത് തൻ്റെ പുത്രനു വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മൾക്കറിയാമല്ലോ കരം കൊടുക്കാൻ കർത്താവിൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നപ്പോൾ കർത്താവ് ശിഷ്യനോട് പറഞ്ഞു നീ പോയി ചൂണ്ടയിട് അപ്പോൾ അതിൽ നിന്ന് പണം ലഭിക്കും അതെടുത്ത് കരവും കൊടുക്കുക എൻ്റെ കരവും കൊടുക്കുക കർത്താവ് പറഞ്ഞു ദൈവം അതേ കാര്യം തന്നെ ദൈവം എനിക്ക് വേണ്ടിയും ചെയ്യുവാൻ കഴിയും അപ്പോൾ ശോധനകൾ വലിയതാണെങ്കിലും ശോധനയുടെ ഒരു അതിൽ നിന്നുള്ളൊരു വിടുതലിൻ്റെ കാര്യം മാത്രമല്ല ഞാനീ പ്രിയപ്പെട്ടവരെ ദൈവ ഇത് കുറച്ചുകൂടി ആഴമുള്ള കാര്യമാണ് ദൈവത്തിനെല്ലാം കഴിയും ആൻഡ് ദ നോ പെർപ്പസ് ഓഫ് യൂസ് ക്യാൻ ബി തോട്ട് ഇട്ട് കർത്താവിൻ കർത്താവ് ഹിതം നിൻ്റെ നിൻ്റെ ഉദ്ദേശ ഒരു ഉദ്ദേശം പോലും ആർക്കും മറിച്ച് കളയാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ നേരത്തെ ചിന്തിച്ചെടുത്ത് ദൈവത്തിന് എന്നെ തൻ്റെ മകൻ്റെ സ്വരൂപത്തോടാക്കണമെന്ന് ദൈവം ഉദ്ദേശിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു കഷ്ടതയിലൂടെ കടന്നു അത് അത് വളരെ തന്നെ അതിനൊന്നും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ ദൈവത്തെ പിന്മാറ്റുവാനായിട്ട് ആർക്കും കഴിയത്തില്ല ഒന്നിനും കഴിയത്തില്ല പിന്നെയും ഈ ഒബ് പറയുന്നത് അറിവ് ഉള്ള ഹി ഹൂ ഈസ് ദിസ് ദൈറ്റ്സ് കൗൺസ്പ് വിതഔട്ട് നോളജ് അറിവില്ലാതെ ആലോചനയെ മറിച്ച് കളയുന്ന ഞാൻ ആരാണ് കർത്താവെ എന്ന് ഈയോബ് കർത്താവിനോട് അനുദവിച്ച് പറയുക ദൈവത്തിൻ്റെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആലോചനയുണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ആലോചനയുണ്ട് അതിൽ അതിൽ നമ്മൾ അറിവില്ലാതെ നമ്മൾ അതിനെ മറിച്ച് കളയണ്ട ദൈവം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിൽ ഉറച്ചിരിക്കാനും അതിൽ നടക്കാനുമായിട്ടാണ് കർത്താവിന് നമ്മളെ അതിൽ സഹായിക്കാനായിട്ട് കഴിയും രണ്ട് കൊരിന്തിയർ മൂന്നിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളിലെ കർത്താവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് മൂന്നിൻ്റെ നാലും അഞ്ചും സച്ച് കോൺഫിഡൻസ് ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട് ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാർ അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കും അതുപോലെ അതിൻ്റെ ഒന്നാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത് ഒന്നിൻ്റെ മൂന്നും മൂന്നു മുതൽ വായിക്കുന്നത് ബ്ലെസ്ഡ് ബി ദ ഗോഡ് ഫാദർ ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫാദർ ഓഫ് മെസ്സീസ് ആൻഡ് ഗോഡ് ഓഫ് ഓൾ കംഫർട്ട് മനസ്സിലുള്ള പിതാവും സർവശ്വാസവും നൽകുന്ന ദൈവവുമായി യേശുക്രി സർവ ആശ്വാസങ്ങളുടെയും ദൈവം ഞങ്ങൾ കർഷകയിലൂടെ കടന്നു അവനിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആശ്വാസം അവനിൽ നിന്ന് ലഭിക്കുന്ന ആ കംഫർട്ട് അതിലൂടെ നടത്തുവാനായിട്ടും കർഷകയിൽ അവൻ ഉറപ്പുള്ളവനായിട്ടും അവിടെ ഇരിക്കുവാനുമായിട്ടാണ് അവിടെ ഇരിക്കുന്നു ഞാനതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല കാര്യങ്ങൾ കടന്നു പോകും ഞാൻ ബ്രദർ സന്തോഷിൻ്റെ എൻ്റെയും സഹോദരിയുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വായിക്കുകയുണ്ടായി അറിയുകയുണ്ടായി അതിലൊക്കെയും കടന്നുപോയ ശേഷം സഹോദരൻ്റെ ഭവനം അവർ ഏറ്റെടുത്ത ദൈവത്തിൽ നിന്ന് ലഭിച്ച സർവശ്വാസങ്ങളുടെയും ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ആശ്വാസത്താൽ അത് അത് മറ്റുള്ളവർലേക്ക് അത് പകരുന്ന ഒരു അനുഭവം അതിലേക്ക് ആ കുടുംബത്തെ കർത്താവ് കൊണ്ടുവരികയുണ്ടായി എത്ര മഹത്വം ഉള്ള കാര്യമാണ് അത് അത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ഓ എന്നാ ഏഷ്യാവിൽ പോലെ അങ്ങ് ചതഞ്ഞ് പോയ ഓടയാണെന്ന് തോന്നിയാലും അല്ലെങ്കിൽ പുകഞ്ഞു തിരിയാണെന്ന് തോന്നിയാലും ഗോഡ്സ് പേർപ്പസ് അവൻ്റെ പദ്ധതിയിൽ നിന്ന് ദൈവത്തെ ആർക്കും തിരിക്കുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് സഹോദരി സർമാരെ ഞാൻ ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് കൊരിന്ത്യ ഒന്ന് കൊരിന്തിയറിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ കർത്താവസ് സോറി പതിമൂന്നാം അധ്യായത്തിൽ ദൈവം അപ്പോസ്റ്റലിനോട് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയമുണ്ട് അത് തുടങ്ങുന്നത് പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ വിപുലമായിട്ട് പല മിനിസ്ട്രി പല ശുശ്രൂഷകളെക്കുറിച്ചൊക്കെയും പറഞ്ഞ ശേഷം അതിൻ്റെ അവസാനം അപ്പോസലൻ പറയാണ് മുപ്പത്തൊന്നാം വാക്യത്തിൽ പറയുകയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി ഞാൻ കുറച്ചുകൂടെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാം അന്ന് പറഞ്ഞിട്ട് പതിമൂന്നാം അധ്യായത്തിൽ മുഴുവനും സഹോദരൻ അപ്പോസ്സലൻ സ്നേഹത്തെക്കുറിച്ചാണ് ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ഇത് പറയാനായിട്ടുള്ള കാര്യം നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളും ഇല്ലാതെയായി പോകുന്നതായിട്ട് തോന്നുമ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു എനിക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എനിക്ക് ശുശ്രൂഷയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ മറ്റു സഹോദരിയെപ്പോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല സഹോദരന്മാരെ പോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്താലും ഞാൻ ഞാൻ കോൺഫറൻസിന് പോയി സംസാരിച്ചാലും ഞാൻ ഞാനൊന്ന് പാരഫ്രൈസ് ചെയ്യുക ഞാൻ വലിയ പാട്ടുകാരനാണെങ്കിൽ ഞാൻ പാട്ടുകൾ എഴുതിയാലും അല്ലെങ്കിൽ ഞാൻ ഒത്തിരി പേരെ കർത്താകങ്ങളിലേക്ക് കൊണ്ടുവന്നാലും ഞാൻ ഇനി ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് സാധാരണ ഭാഷയൊന്നും അല്ല ഇംഗ്ലീഷും ഫ്രഞ്ചും ഒന്നും ഇനിയും സ്വർഗ്ഗത്തിലുള്ള ദൂതന്മാരുടെ ഭാഷ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റിയാലും എനിക്ക് സ്നേഹം ഇല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം എന്നിലില്ലെങ്കിൽ ഞാൻ ഞാൻ ഒന്നുമില്ല എന്നാ അപ്പോ സ്വലം നമ്മൾ നമ്മൾ ഇങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ സഹോദരസന്മാരെ നമ്മളുടെ ആ ആ ലക്ഷ്യം ദുഷ്ടനായവൻ എടുത്തു കളയാനായിട്ട് നമ്മളെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് മുറുകെ പിടിക്കാം നമുക്ക് വചനത്തിൽ പറയുന്നത് മാത്രമാണ് ശരിയായിട്ടുള്ള കാര്യം നമ്മൾ അതിലൂന്നി വളർന്നാൽ മതി കർത്താവിൻ്റെ വചനം ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹമാണ് വലിയത് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുഴച്ചയ്ക്കായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ നോക്കി ഓ അവർക്കൊക്കെയും ഇതൊക്കെയും ചെയ്യാൻ പറ്റുന്നു എനിക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നല്ലോ എൻ്റെ കുടുംബം ഇങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ലല്ലോ നമ്മളങ്ങനെ തെറ്റായ ചിന്താഗതിയിലേക്ക് പോകണ്ട ലെറ്റസ്റ്റ് ഹോൾ ഫാസ്റ്റ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം എൻ്റെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞേ ഒന്ന് ദൈവത്തെ മുഴു ഹൃദയം കൊണ്ടും പൂർണ്ണാത്മാവിനോടും ഹൃദയത്തോടും മനസ്സിന് ഇതിനാലും സ്നേഹിക്കാം എന്നിട്ട് നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക ഇവർ രണ്ടിലും മുഴു നയപ്രമാണം മുഴുവൻ അന്തസ്സത്തയായിരിക്കുന്നു എന്നാണ് കർത്താവ് കർത്താവ് തന്നെ തൻ്റെ വായനാൽ പറഞ്ഞത് അതുതന്നെ പൗലോസും ഇവിടെ വീണ്ടും പറയുകയാണ് ബാക്കി എന്തൊക്കെ ചെയ്താലും സ്നേഹമാണ് വലുത് സൗരസർമാരെ സാഹിത്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലെറ്റസ് മേക്ക് ഷുവർ ദാറ്റ് ഐ എം ഗ്രിപ്റ്റ് ഞാൻ ഞാൻ എൻ്റെ ദൈവത്തെ അവൻ്റെ മഹത്വത്തിൻ്റെ പുകച്ചയ്ക്കായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു ഐ എം ഗോയിങ് to love മൈ ലോഡ് ഫാദർ ഐ വോണ്ട് ടു ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട് ആൻഡ് നമ്മൾ കഷ്ടതയിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ അടുത്തൂടെ പോകുന്ന പലരുണ്ട് ലെറ്റസ് ലവ് ദം ഓൾസോ in in the love of god devathinte snehatil devathinte snehatil nu varnyal nammude sister jo jo parana sister ipo njan ravile kaanuvayirunnu avade ipo kochumakkalaye nokunna terakkum adu ellam angane ottiri sister ottiri occupy eda angane aayirikkunna oru sahodari aa sahodrimar palaru adu poleulla sahirinode kadannu undayirikkennal അതിനകത്ത് ഈ അമ്മയുടെ ഹൃദയത്തിൽ ആ ഉതിർന്നു പോകാത്ത ദൈവസ്നേഹത്താൽ തിരിച്ചെന്തേലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല സഹോദരി ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ സ്നേഹം ചെയ്യുന്നത് അതിലൂടെ സഹോദരി ചെയ്യുന്നത് അപ്പോസ്വലം പറയുന്നത് ഇനി വിശ്വാസം പ്രത്യാശയും സ്നേഹവും അതിൻ്റെ അവസാനം പറയുന്നത് ഇവയാണ് നിലനിൽക്കാൻ പോകുന്നത് പ്രവചനകാരും ഒക്കെ നീങ്ങിപ്പോകും ഞാൻ എൻ്റെ പ്രസംഗിക്കാനുള്ള കഴിവൊക്കെയും അന്ന് നീങ്ങിപ്പോകും എന്നാൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കും അതിൽ തന്നെ വലുത് സ്നേഹമാണ് അപ്പോൾ എത്ര വലിയൊരു ഹോപ്പ എത്ര വലിയൊരു പ്രത്യാശയാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ ഇല്ല എനിക്ക് ഈ കുടുംബത്തിലാണ് ജനിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു പരിമിതിയല്ല ദൈവത്തെ സംബന്ധിച്ച് സഹോദര സാറന്മാരെ ഓ ഐ പ്രൈസ് ഗോഡ് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ഇതാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി സഹോദരന്മാരെ നമ്മൾ പലത് പലയിടത്ത് കേൾക്കും എന്നാൽ നമ്മളെ നമ്മളെ ഉറപ്പിക്കുക അന്തൊക്കോണം ദൈവം സഹോദരന്മാരിലൂടെ നമ്മളെ കേൾപ്പിച്ച വചനം അതിനെ നമ്മൾക്ക് മുറുകെ പിടിക്കാം പലരും പലതരത്തിലുള്ള ഉപദേശങ്ങൾ പറഞ്ഞിരിക്കാം എന്നാൽ നമ്മളുടെ ഹൃദയം കർത്താവേ നിൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോടെ എനിക്ക് അനുരൂപനാകണം ഇറ്റ് ഡൻ മാരേജ് ഞാൻ എന്തിലൂടെ കടന്നു പോകുമ്പോഴും ഐ ഐം ഗോയിങ് ടു ട്രസ്റ്റ് യു ദാറ്റ് യു ആർ ഗോയിങ് ടു ബീ വിത്ത് മീ ആൻഡ് ആൻഡ് യു ആർ ഫെയ്റ്റ്ഫുൾ ആൻഡ് യു ആർ ഏബിൾ ഞാൻ എന്തിലൂടെ കടന്നു പോയാലും നീ എൻ്റെ കൂടെ എന്ന് ഞാൻ നിന്നിലാശ്രയിക്കുന്നു കർത്താവെ നിൻ്റെ നിൻ്റെ വിശ്വസത നിന്റെ ദയ നിന്റെ കഴിവ് ഇതിലൂടെ എന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് മതിയായതാണ് ഞാൻ ഞാൻ അതിൽ ആശ്രയിക്കും ഞാൻ അതിലൂടെ മുമ്പിലേക്ക് നടക്കും ദൈവം നമ്മളെ നന്ദിയുടെ നമ്മളെ ദൈവം നിറയ്ക്കട്ടെ ദൈവത്തിനതിനെ കഴിയും സഹോദരിമാരെ എല്ലാവരും സ്ട്രെസ് കോർ ആ മീൻ